ഭോജേന്ദ്രഗേ അഗ്നിശിഖേവൃദ്ധാ സരസ്വതി ജാനഹലേ യഥ്യുതം സമാഹതുവിരസുതൻ വസു വസുദേവൃദേ ജഗന്മംഗളമച്യുതം ജഗത്തിനെ മുഴുവൻ മംഗളം ലോകം എങ്ങനെ ശുദ്ധമാവും ലോകത്തിനെ എങ്ങനെ ശുദ്ധമാക്കും ആരുടെങ്കിലും ഉള്ളിൽ ഭക്തി ഉദിച്ചാൽ ഗോപസ്ത്രീകൾ നിരന്തരം ഭഗവാനെക്കുറിച്ച് പാടിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് വന്ദേ നന്ദവ്യജസ്ത്രീണാം പാതരേണു അഭീക്ഷണശഹായാസാം ഹരികഥോദ്ഗീതം പുനാദിഭുവനത്രയം അവർ ഹരികഥാഗാനം ചെയ്യുന്നത് കൊണ്ട് മൂന്ന് ലോകവും ശുദ്ധമാവണോന്ന് അപ്പോൾ ആരുടെങ്കിലും ഹൃദയത്തിൽ ഭക്തി ഉദിച്ചാൽ ആ പ്രദേശ ശുദ്ധമാവും ജീവൻമുക്തന്മാർ എവിടെയെങ്കിലും ഒക്കെ വസിച്ചാൽ ചുരുങ്ങിയത് ഒരു പത്തിരുന്നൂറ് വർഷത്തേക്കെങ്കിലും അവിടെ ആ സാന്നിധ്യം വിട്ടുപോവില്ല ഭഗവാൻ സർവത്രമുണ്ട് രാമകൃഷ്ണ പരമംശ് പറയണ പോലെ പശുവിന്റെ ഉള്ളിൽ മുഴുവൻ പാലുണ്ട് പക്ഷെ അകിടൽ കിറന്നാലേ കിട്ടുള്ളൂ അതുപോലെ ഭഗവാൻ എല്ലായിടത്തും ഉണ്ടെങ്കിലും ഭക്തന്റെ ഹൃദയത്തിലാണ് പ്രകാശിക്കണത് അപ്പോൾ വസുദേവരുടെ ഹൃദയത്തിൽ ഭഗവത് അനുഭൂതി ഉണ്ടായി സമാഹിതം അനുഭൂതി ഉണ്ടായാൽ അടുത്തപടി എന്താ മനസ്സ് നിശ്ചലമാവുന്നു ശാന്തമാവുന്നു ശാന്തിയാണ് ഭഗവത് സ്വരൂപം വസുദേവർക്ക് അന്തരംഗം നിശ്ചലമായി ആ നിശ്ചലമായ അന്തരംഗത്തോടുകൂടെ വസുദേവരിൽ നിന്നും ദേവകിയിലേക്ക് അച്യുതാംശം അച്യുതന്റെ ആ ബീജം ഭഗവത് ബീജം ദേവകിയിലേക്ക് പ്രകാശിച്ചു കടന്നു ദധാര ദേവകി ധരിച്ചു അഖണ്ഠാന സ്വാമി ഇവിടെ പറയുന്നു അദ്ദേഹം ഭാഗവതം പ്രഭാഷണം ചെയ്യുമ്പോൾ ഒരു പണ്ഡിതൻ ഒരു ശാസ്ത്രി എഴുന്നേറ്റ് നിന്ന് ചോദിച്ചു എത്ര അങ്ങനെ ഭഗവാനൊക്കെ ഗർഭത്തിൽ കിടക്കുവോ ഭഗവാൻ ഗർഭവാസമുണ്ടോ അപ്പോ അഖണ്ഠാന സ്വാമി തിരിച്ചു ചോദിച്ചു പിന്നെ എങ്ങനെയാ ദേവകിയുടെ ഗർഭത്തിൽ നിന്ന് ജനിച്ചത് അപ്പൊ ആ ശാസ്ത്രി പറഞ്ഞു ദേവകിക്ക് വയറ്റില് കാറ്റു നിറഞ്ഞു ഗർഭം പോലെ മായ കൊണ്ട് തോന്നിപ്പിച്ചു അവസാനം ഭഗവാൻ പുറത്തുനിന്ന് അങ്ങോട്ട് ആവിർഭവിച്ചു പ്രകാശിച്ചു അത്രേ ഉള്ളൂ എന്നാണ് അല്ലാതെ ഗർഭത്തിൽ പ്രവേശിച്ചു ഒന്നും വന്നില്ല ആ വേറെ ഒരു പ്രസിദ്ധമായ ഒരു ഭാഗവതകാരൻ അദ്ദേഹം ഉത്തരം പറഞ്ഞു ഇതൊക്കെ അഖണ്ഡാന സ്വാമിയുടെ ഭാഗവതത്തിൽ വരും ഉത്തരം പറഞ്ഞു അത്രേ ഭഗവാൻ എവിടെയാണ് ഗർഭത്തിൽ പ്രവേശിച്ചു എന്നുള്ളത് വാക്കുകൊണ്ട് പറയുന്നു ആരുടെ ഗർഭത്തിലാ ഭഗവാൻ ഇല്ലാത്തത് എല്ലാവരുടെ ഗർഭത്തിലും എല്ലാവരുടെ വയറ്റിലും ഭഗവാൻ ഉണ്ട് സർവത്രമുണ്ട് അപ്പൊ ഗർഭത്തിൽ പ്രവേശിക്കുവോന്ന് ചോദിക്കുന്ന ചോദ്യത്തിന് തന്നെ അർത്ഥമില്ല ഭഗവാൻ ദേവകിയുടെ ഗർഭത്തിൽ പ്രവേശിച്ചു വന്നാൽ തന്നെ ഇപ്പൊ എന്താ കുഴപ്പം ഭഗവാനും കുറച്ചങ്ങടെ അനുഭവിക്കട്ടെ നമ്മളൊക്കെ അനുഭവിക്കണില്ലേ ഗർഭവാസം അദ്ദേഹം അങ്ങനെ സുഖിച്ച് വൈകുണ്ഠത്തിൽ ഇരിക്കണ്ട അപ്പൊ അദ്ദേഹവും സ്വയം ഭക്തന്മാർക്ക് വേണ്ടി ഗർഭത്തിൽ പ്രവേശിച്ചു എന്ന് സർവാത്മകം എല്ലാവരുടെയും അന്തരാത്മാവായ ഭഗവാനെ ദേവകി ഗർഭത്തിൽ ധരിച്ചു ഗർഭത്തിൽ ധരിച്ചു സാദേവകി സർവജഗന്നിവാസ നിവാസഭൂത ഇപ്പൊ ദേവകി ആരാ അവൾ ദിവ്യക്ഷേത്രമാണ് ദേവകി എന്നതിന് തന്നെ ഒരു വ്യാഖ്യാനം പ്രജ്ഞ മഹാവാക്യജന്യമായ പ്രജ്ഞയാണ് ദേവകീന്ന് ദേവകി എന്ന് അങ്ങനെ അങ്ങനെ ഒരു അർത്ഥമുണ്ട് മഹാവാക്യജന്യമായ പ്രജ്ഞ ആത്മസാക്ഷാത്കാരം ആ പ്രജ്ഞയിലൂടെ ഉണ്ടാവുന്നത് പോലെ ദേവകിയിലൂടെ ബ്രഹ്മവസ്തു പുറമേക്ക് പ്രകാശിക്കാ ദേവകി അങ്ങനെ ദിവ്യ തേജസ്സോടുകൂടെ പ്രകാശിക്കുന്നത് കംസനും കണ്ടു ഇടക്കിടയ്ക്ക് വന്ന് നോക്കണേ കംസനും കണ്ടു കംസനും മനസ്സിലായി എന്നാണ് ഒരു കുടം കുടത്തിലെ ധാരാളം ദ്വാരം അതിനകത്ത് വിളക്ക് കൊളുത്തിവെച്ചാൽ ആ കുടത്തിലെ ദ്വാരങ്ങളിലൂടെയൊക്കെ വിളക്ക് പുറത്തേക്ക് പ്രകാശിക്കും നാനാഛിദ്ര ഘടോദരസ്ഥിത മഹാദീപ്രഭാ അതുപോലെ ദേവകി ഇങ്ങനെ പ്രകാശിക്കണത് കണ്ടപ്പോ കംസനും മനസ്സിലായി പ്രാണഹറോ ഹരിഹി ഗുഹാംശ്രിതഹ എന്റെ പ്രാണനെ ഹരിക്കാൻ പോകുന്ന ഹരി ഹരി എന്ന് വെച്ചാൽ തന്നെ മോഷ്ടിക്കുന്ന ആളോ എന്നർത്ഥം എന്റെ പ്രാണനെ ഹരിച്ചുകൊണ്ട് പോവാൻ പോകുന്ന ഹരി ഇവളുടെ ഹൃദയഗുഹയിൽ ഗർഭത്തിൽ പ്രവേശിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഇവളിത്ര തേജസ്വിനിയായിട്ടിരിക്കണത് ഇത്രയധികം പ്രകാശിക്കുന്നത് അല്ലെങ്കിൽ ഇത്രയധികം തേജസ് ഒരു മനുഷ്യ ശരീരത്തിൽ ആവിർഭവിക്കില്ല അപ്പൊ കംസന് ധ്യാനം തുടങ്ങി കംസനെ അല്ലെങ്കിൽ തന്നെ പേടിപ്പിച്ച് ഭഗവാൻ ഒരുമാതിരി ആഘട്ടണം ഇപ്പോ ദേവകിയുടെ ഗർഭത്തില് ദേവകിയുടെ ശരീരത്തിൽ ഈ പ്രകാശം കണ്ടപ്പോ കംസൻ എന്തൊരു ഭാഗ്യമാ ചെയ്തോ സംരംഭയോഗം നമ്മൾക്ക് ഒരു വികാരവും ലോകത്തിൽ ഒരു വസ്തുവിനോടും വെക്കാൻ പാടില്ല ലോകത്തിൽ നല്ലതിനെ ഇഷ്ടപ്പെടുക ചീത്തയെ വെറുക്കുക ഇതാണ് നമ്മളുടെ സ്വഭാവം നല്ലതിനെ ഇഷ്ടപ്പെട്ടാൽ നല്ലത് മനസ്സിൽ വരും ചീത്തയെ വെറുത്താൽ ചീത്തയും മനസ്സിൽ വരും ഇഷ്ടപ്പെടുന്ന വസ്തുവും നമ്മളുടെ മനസ്സിൽ നിൽക്കും വെറുക്കുന്ന വസ്തുവും നമ്മളുടെ മനസ്സിൽ നിൽക്കും അതുകൊണ്ട് നമ്മളുടെ മനസ്സിന്റെ ഒരു വികാരവും കാമം ക്രോധം ലോപം മോഹം മതം ആത്സര്യം സ്നേഹം രാഗം ദ്വേഷം ഇതൊന്നും തന്നെ ലോകത്തിലുള്ള ഒരു വസ്തുവിലും വയ്ക്കാൻ കൊള്ളില്ല എന്നാണ് ലോകത്തിൽ എന്തെങ്കിലുമൊക്കെ വസ്തുവിനെ നമ്മൾ വരുത്താൽ അത് എത്ര ദുഷ്ടനായിരിക്കട്ടെ ഒരാളുടെ ദുഷ്ടതയെക്കുറിച്ച് നമ്മൾ വിചാരിച്ച് നിന്ദിച്ചുകൊണ്ടേയിരുന്നാൽ അയാൾക്കൊന്നും സംഭവിക്കില്ല പക്ഷെ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ അദ്ദേഹത്തിനെ പോലെ ആയിത്തരും മനസിന്റെ സ്വഭാവം ചിലരൊക്കെ സൈക്കാട്രി പഠിച്ച് പഠിച്ച് പഠിച്ച് പഠിച്ച് സൈക്കിക് പ്രോബ്ലം അവർക്ക് വരും എന്താന്ന് വെച്ചാൽ സദാ അതിനെയേ വിചാരിച്ചു കൊണ്ടിരുന്നിട്ട് മനസ്സിന്റെ കുഴപ്പങ്ങളെയേ ധ്യാനിച്ച് ധ്യാനിച്ച് എന്താവും മനസ്സ് മുഴുവൻ കുഴപ്പമായിട്ട് തരും അപ്പോ ഇതിന് സംരംഭയോഗം എന്ന് പറയും അതായത് വെറുപ്പ് കൊണ്ടോ വിപരീത വികാരം നമ്മൾ എന്തിനു ചിന്തിച്ചാലും അതൊക്കെ നമ്മളുടെ ഉള്ളു ഇത് അറിഞ്ഞു ജാഗ്രതയോടെ ഇരുന്നോണം എത്ര ദുഷ്ടനാണെങ്കിലും ശരി അയാൾ ദുഷ്ടനായിട്ട് ഇരുന്നോട്ടെ ഒരു വിധത്തിൽ നമുക്ക് ബന്ധം വേണ്ട ഉപേക്ഷാഭാവം നേരെ മറിച്ച് ഭഗവാനോട് എന്ത് വികാരവും വയ്ക്കാം എന്നാണ് ആരധരുടെ സിദ്ധാന്തമാണ് ഭഗവാനെ സ്നേഹിക്കാം ഭഗവാനോട് ഭക്തി വയ്ക്കാം ഭഗവാനോട് കാമം വെക്കാം ഇനിയിപ്പോ ഒന്നു സാധിച്ചിട്ടില്ലെങ്കിൽ ഭഗവാനെ വെറുക്കാം ഭഗവാനോട് ശങ്ക കൂടാം മഹാരാഷ്ട്ര ഭക്തന്മാരില് ഏറ്റവും പ്രസിദ്ധനാണ് തുക്കാറാം തുക്കാറാം പരമഭക്തനാണ് വിൽ പാണ്ഡുരംഗൻ അദ്ദേഹം പാണ്ഡുരങ്കന്റെ നാമവും സങ്കീർത്തനം ചെയ്ത് എപ്പോഴും ഭക്തിയിൽ രമിച്ചുകൊണ്ടിരിക്കും പക്ഷെ തുക്കാറാമിന്റെ ഭാര്യക്ക് വിട്ടൽ എന്ന പേര് കേട്ട ദേഷ്യാണ് പറയും നൻ്റെ ഈ കരുമാണ്ടി അങ്ങനെ വിളിക്കുള്ളൂ വിട്ടലിനെ ഈ കരുമാണ്ടി കുടുംബം മുടിച്ചു അവർക്ക് ഒരു കുട്ടി കാലിന് വയ്യാത്ത സുഖില്ലാതെ കുട്ടിയായിരുന്നു ആദ്യം ആ കുട്ടിയെ ഇങ്ങനെ കരയും ആ കുട്ടി കിടന്നിട്ട് ഇദ്ദേഹമാണെങ്കിലോ നാമസങ്കീർത്തനം ചെയ്ത് പാടിക്കൊണ്ടിരിക്കും ഈ അമ്മയ്ക്ക് ദേഷ്യം വന്നിട്ട് ഈ കുട്ടി ഇങ്ങനെ കിടക്കണു ഇദ്ദേഹത്തിന് ചീത്ത വിളിക്കും അപ്പൊ അദ്ദേഹം പറയും പാണ്ഡുരങ്കൻ കുട്ടിയെ ശരിയാക്കും പാണ്ഡുരങ്കനോട് വിശ്വാസം ഉണ്ടെങ്കിൽ കുട്ടി ശരിയാവും അവർക്ക് ദേഷ്യം വന്നു അവരെ വെച്ചാൽ ഈ കുട്ടിയും വലിച്ചോണ്ട് ഒരു ചെരുപ്പ് എടുത്തുകൊണ്ട് പാണ്ഡുരംഗന്റെ മുമ്പിൽ പോയി നോക്കണം ചെരുപ്പ് എടുത്തുകൊണ്ട് ഭഗവാന്റെ മുമ്പിൽ പോയി ഭഗവാന് ഭഗവാൻ പേടിച്ചു പോയി എന്നാണ് ഭക്തന്മാർ ഭഗവാന് ഇദ്ദേഹത്തിനോട് എത്രയധികം പ്രിയമുണ്ടോ അതിനേക്കാളും പ്രിയമാത്ര അമ്മയോട് കാരണം ആ അമ്മ എന്ത് ദേഷ്യം പിടിച്ചാലും ചീത്ത വിളിച്ചാലും ഇദ്ദേഹത്തിനോട് നല്ല സ്നേഹമാണ് ഇദ്ദേഹത്തിന് നല്ലവണ്ണം ചീത്ത വിളിക്കും ചിലപ്പോ അടിക്കുക പോലും ചെയ്യും പക്ഷെ അദ്ദേഹം എവിടെങ്കിലൊക്കെ മലയിലോ ഗുഹയിലോ ഇരുദ്ധം ധ്യാനിച്ചുകൊണ്ടിരുന്നാൽ മെനക്കെട്ട് ചോറും കൊണ്ടുപോകും തെരഞ്ഞുപിടിച്ച് ആഹാരം കൊടുക്കും അദ്ദേഹം ഭഗവാന്റെ ഈ അമ്മ ചീത്ത വിളിച്ചപ്പോ ഈ കുട്ടിയുടെ രോഗം മാറിയെന്നാണ് വ്യാതി മാറിയതാണ് അവരുടെ സംരംഭയോഗമാണ് അവർക്ക് ഭഗവാനോട് ദേഷ്യമാണ് ദേഷ്യം കൊണ്ട് അവരൊരു ഭക്തയാണ് ഭഗവാൻ തുക്കാരാമിന് ചെയ്തു കൊടുക്കാത്ത സേവകളൊക്കെ ഈ അമ്മയ്ക്ക് ഒന്ന് ചെയ്തിട്ടുണ്ട് അത്ര പല വിധത്തിലും ഏതെങ്കിലും വിധത്തിൽ ഭഗവാനോട് ബന്ധപ്പെട്ടാൽ ഈശ്വരനുമായിട്ട് ഏതു ബന്ധപ്പെട്ടാലും ഭഗവാൻ കൂടെ നിൽക്കും ഭഗവാൻ നമുക്ക് സ്വന്തം ഞങ്ങളുടെ അവിടെ ഒരു അമ്പലത്തിലേ ഒരാള് അമ്പലത്തിലും മൂന്ന് നാല് പ്രാവശ്യം കട്ടു അയാൾ അമ്പലത്തിൽ മാത്രമേ മോഷ്ടിക്കൂ ആ ചുറ്റുവട്ടാരത്തുള്ള അമ്പലത്തിലൊക്കെ മോഷ്ടിച്ചു അവസാനം അയാളെ പിടിച്ചു പോലീസ് ചോദ്യം ചെയ്തപ്പോ അദ്ദേഹം പറയണത് സ്വാമി എനിക്ക് സ്വന്തം വീടുകളിൽ ഒന്ന് കക്കൽ യാത്ര അതൊക്കെ അവരവരുടെ സ്വന്തം അവരവരുടെ സ്വത്ത് അതൊക്കെ കട്ടപ്പാപം പക്ഷെ അമ്പലത്തിലെ സ്വത്ത് കക്കാണ് നമ്മൾ വേണമെങ്കിൽ അയാളെ പിടിച്ച് ജയിലിലിടും ചിലപ്പോ ഭഗവാൻ അയാൾക്ക് വശംവതനായിട്ട് തീരും അപ്പോ ഭക്തിയുടെ മാർഗം വിചിത്രമാണ് നാരദൻ കംസനയും ഒരു ഉയർന്ന തലത്തിൽ കൊണ്ടുചെന്നു നിർത്തി നാരദ മഹർഷി പറയണത് ഗോപ്യാമായാംസ ദ്വേഷാത് ശൈദ്യതയോ നൃപാഹ ൃഷ്ണയ സ്നേഹാദ്യൂയം ഭക്തയം വിഭു യുധിഷ്ഠിരനോട് നാരദ മഹർഷി പറയുന്നു ഗോപികൾ കാമം കൊണ്ട് ഭഗവാനെ പ്രാപിച്ചു ഭയം കൊണ്ട് കംസന് കംസന് സദാ പേടിയാണ് എപ്പ കൃഷ്ണൻ മുമ്പിൽ വരുവോ എന്നുള്ള ഭയം ഭയം കൊണ്ട് സദാ കൃഷ്ണധ്യാനം ആസീന സംവിശന് തിഷ്ടജാന പര്യടൻ മഹിം ചിന്തയാനോകേശം അപശ്യ തന്മയം ജഗത്ത് കംസന്റെ മനസ്സിന് ഇപ്പൊ ഒരൊറ്റ വിചാരമേ ഉള്ളൂ കൃഷ്ണൻ നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഉണ്ണുമ്പോഴും ഉറങ്ങുമ്പോഴും കൃഷ്ണത്യാഗം ആസീനഹ ഇരിക്കുമ്പോ കൃഷ്ണൻ മുമ്പിൽ വരുമോന്ന് പേടി ശയാനഹ ഉറങ്ങാനായിട്ട് കിടക്കുമ്പോ ഗുഞ്ചാനഹാം പര്യട്ടൻ മഹീം എങ്ങോട്ട് പോകുമ്പോഴും സദാ മനസ്സ് കൃഷ്ണനിലാണ് രാമായണത്തിൽ ഇങ്ങനെ ഒരാളുണ്ട് ബാരീജൻ ആത്മീക രാമായണത്തിൽ ബാരീജൻ പറയുന്നു എനിക്ക് രാ എന്നൊരു അക്ഷരം കേട്ട പേടിയാണെന്ന് രാവണനോട് പറയുന്നു രാമൻ എന്നല്ല രാവണൻ എന്നുള്ളത് കേട്ടാ പോലും പേടിയാണ് രാവണനെ പേടിയല്ല രാ എന്നുള്ള അക്ഷരമേ എനിക്ക് ഭയം രകാരാദീനി നാമാനി രാമത്രസ്ത രാവണ രത്നാനിജ രഥാശൈവ വിത്രാസം ജനയന്തി അതുകൊണ്ട് രാവും പകലും എനിക്ക് രാമദർശനമാണെന്നാണ് ആരീചം പറയണം വൃക്ഷേ വൃക്ഷേഹി പശ്യാമി ചീരാജിന ജടാധരം ഗൃഹീതധനുഷം രാമം പാശഹസ്തമിവാതകം വൃക്ഷങ്ങളിലും വൃക്ഷങ്ങളിലും ആകാശത്തിലും ഭൂമിയിലും ഒക്കെ കയ്യിൽ ധനുസും നിൽക്കുന്ന ശ്രീരാമനെ ഞാൻ കാണുന്നു ഭയം കൊണ്ടേ ചില യുക്തിവാദികളൊക്കെ പരമഭക്തന്മാരായിട്ട് തീരും ധാരാളം കഥകളുണ്ട് എങ്ങനെ പറ്റിയെന്ന് വെച്ചാൽ ഈശ്വരൻ ഇല്ല എന്ന് വാദിക്കാനായിക്കൊണ്ട് അവർ ധാരാളം പ്രയത്നിക്കും അതുകൊണ്ട് സദാധ്യാനമാണ് ഇല്ല ഇല്ല ഇല്ല ഇല്ല സ്ഥാപിക്കാൻ വേണ്ടിയിട്ടേ ധാരാളം മനസ്സില് അനുസന്ധാനമാണ് അപ്പൊ യുക്തിവാദികൾ അതുകൊണ്ട് ഭഗവാന് നാസ്തികനും ആസ്തികനും ഒക്കെ സമം നാസ്തികനായ ആൾക്കും ഒരു മൈക്ക് വെച്ച് അയാളുടെ മുമ്പിൽ ഒരു പത്തിരുപത് പേരെ എഴുത്തും ആസ്തികന് ഒരു ബൈക്ക് വെച്ച് കൊടുത്ത് അയാളുടെ മുമ്പിൽ ഒരു പത്തിരുപത് പേരെ ഇരുത്തും ഭഗവാൻ പറയണത് രണ്ടുപേരും എന്നെ കുറിച്ച് തന്നെയാണ് പറയണത് ഇവൻ ഉണ്ടോ ഉണ്ടോ എന്ന് പറഞ്ഞാലും അവൻ ഇല്ല ഇല്ല എന്ന് പറഞ്ഞാലും രണ്ടുപേരും എന്നെക്കുറിച്ച് തന്നെയാണ് സദാ അനുസന്ധ ഇല്ലാത്ത വസ്തുവിനെ ആരെങ്കിലും ഒക്കെ നിഷേധിക്കാൻ പോവോ അപ്പോ ഉണ്ടോ എന്ന് തോന്നണത് ഇല്ല ഇല്ല എന്നും പറയണത് അപ്പോ ഏതു വിധത്തിലായാലും ചിന്തയാലോ ഋഷികേശം ഋഷികേശനെ ധ്യാനിച്ചുകൊണ്ടേയിരിക്ക ഭഗവാൻ കംസന്റെ ഉള്ളിലും ആവിർഭവിച്ചു ഈ സമയം ദൈവകീടെ ഗർഭത്തിൽ പ്രവേശിച്ച വിഷ്ണുവിനെ ഗർഭഗതവിഷ്ണുസ്തവമാണ് ഗർഭത്തിൽ പ്രവേശിച്ച ഭഗവാനെ ബ്രഹ്മാതിദേവന്മാരുവന്ന് സ്തുതിക്കാണ് സത്യവ്രതം സത്യപരം ത്രിസത്യം സത്യസ്യോനിഹിതം ചത്യേ സത്യസ്യ സത്യം മൃതസത്യ നേത്രം സത്യാത്മകം രണ പ്രപന്ന ിമൂല ചുരസ പഞ്ചവിദാത്മാഗിവിടപോലവാക്ഷോ ദശദീ ദ്കോ ഹി ആദിവ സദ പ്രസൂതി ന്നിധാനം ത്വമുഗ്രഹശന്മായയാ സംവൃതചേതസ്പശ്യന് ദിവിപ്യോ വിപക്ഷിപ്പണി അവബോധ ആത്മാേമാ ലോക സോപന്നുഖാവി സാമഭാണി മുഹുഃളാ ക്ഷാഖിസത്വി സമാധി വേശിതചേതസൈകാ മഹത്കൃത്തെന കൂടന്തിസപജംഭവ്തിയം സമുദീര്യ സുദുസ്ഥരും ഭർണവീമ അദബ്രസൌഹൃത് പദംരുഹ നാമമത്രേനിദായ സദനുഗ്രഹോഭവേ അരവിന്ദ്ക്ഷ വിമുക്തമാനിന സ്തഭാവാദവിശുദ്ധബുദ്ധയ ആരുഹ്യകൃശ്രേണ പദം പദം തദ പദന്തി അതോ അനുദയുഷ്മദയ തേ മാധവ താവകി ഭ്രശ്യത്യ്യബ്സംഹൃദി ഗുപ്ത വിചലന്തി നിർഭയാ വിനയകാന പൂ വിനായകൂർദ്ധസു പ്രഭോ സിശുദ്ധം ശ്രേയേ ഭൻ സ്ഥിതോ ശരീരിണേയ ഉപയം വപു വേദക്യാഗതപണം യു ജന സമീഹത്തെ സത്യവ്രതം സത്യപരം ത്രിസത്യം സത്യം ചത്യ സത്യ സത്യം ധ്യനേത്രം സത്യാത്മകം രണ ഭാഗവതത്തിൽ ഭഗവാൻ അനേകനാമങ്ങളുണ്ട് പക്ഷേ ഭാഗവതത്തിൽ മുഖ്യമായ നാമം സത്യം എന്നാണ് ഭാഗവതം ആരംഭിക്കുമ്പോഴേ സത്യം പരം ധീമഹി ജന്മാദ്യ യോന്വയാതരശ അർഷ്ഞസ്വരാട്ട് തേനേബ്രഹ്മഹൃതികവുഹ്യത്തിസൂരയ തേജോ വരിമുദാ വിനിമയോ എത്രസർഗോ മൃഷാധാ സ്വേ സദാ നിരസ്തുഹകം സത്യം പരം ധീമഹസാനക്കും വഴും സത്യം പരമധീമ എന്നാണ് കസ്മൈനേന വിഭാസിതോയധുനോ ജ്ഞാന പ്രദീപുരാ തദ്രൂപേണാരദായനേ കൃഷ്ണായ തദ്രൂപിണ യോഗീന്ദ്രാ താത്മനാതം വിമലം വിശോകമൃതീ സത്യം പരം എന്ന് ആരംഭം സത്യം പരംമീ എന്ന് അവസാനം ഇപ്പം കൃഷ്ണാവതാരസന്ദർഭത്തിലും ഈ സത്യത്തിന് തന്നെ ഭഗവാന്റെ സ്വരൂപമായി വർണ്ണിക്കാം സത്യം എന്നു വച്ചാൽ എന്താ സത്യത്തിന്റെ സ്വരൂപം എന്താ യാതൊന്നാണോ ഒരു വിധത്തിലും പരിണമിക്കാതെ നിൽക്കുന്നത് അതാണ് സത്യം സത്യം എന്നുവെച്ചാൽ മാറാത്തത് എന്നർത്ഥം അങ്ങനെ നോക്കുമ്പോ ഈ കാണുന്ന പ്രപഞ്ചം സത്യമാണോ ഈ കാണുന്ന ലോകം സത്യമാണോ അപ്പാടെ കള്ള എന്ന് പറയാൻ പറ്റില്ല അതുകൊണ്ടതിന് വ്യാവഹാരിക സത്യം എന്ന് പറഞ്ഞു വ്യാവഹാരികമായിട്ടുള്ള സത്യം സ്വപ്നം കാണുമ്പോൾ തൽക്കാലത്തേക്ക് സ്വപ്നം സത്യമാണ് അത് പ്രാതിഭാസികമാണ് പക്ഷെ പാരമാർത്ഥികമായിട്ടൊരു സത്യമുണ്ട് ഒരിക്കലും മാറാത്ത സത്യം അതിനെ അന്വേഷിക്കുകയാണ് അല്ലെങ്കിലോ ഈ വ്യവഹാര സത്യം പിന്നീട് കള്ളമായിട്ട് മാറും ഇപ്പൊ വ്യവഹാരത്തിൽ സത്യമായിട്ട് തോന്നണത് കുറച്ചു കഴിഞ്ഞാൽ കള്ളമായിട്ട് മാറും ഈ കാണുന്ന പ്രപഞ്ചം സത്യം എന്ന് പറഞ്ഞാൽ നമ്മൾ പെട്ടുപോകും കാരണം എന്താ നിരന്തരം അത് പരിണമിച്ചുകൊണ്ടിരിക്കുന്നു ഇത് സത്യമാണെന്ന് തോന്നിയാൽ നമ്മളുടെ മനസ്സ് പ്രപഞ്ചത്തിൽ പോയിക്കൊണ്ടേയിരിക്കും യഥാർത്ഥ സത്യത്തിലേക്ക് പോവില്ല പ്രപഞ്ചത്തിൽ എത്ര കണ്ടു മനസ്സ് വിഹരിക്കുന്നുവോ അത്ര കണ്ടു ദുഃഖം അനിത്യം അസുഖം ലോകം എന്നാണ് ഭഗവാൻ പറയണം അപ്പൊ അനിത്യവും അസുഖവുമായതാണിത് അപ്പൊ ഇതിൽ ചെന്ന് പെട്ടാൽ അത്യന്തം ദുഃഖിക്കും അപ്പൊ പ്രപഞ്ചം സത്യമാണോ നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്ന പ്രപഞ്ചത്തിനെ എങ്ങനെ സത്യം എന്ന് പറയും നിരന്തര പരിണാമമാണ് പ്രപഞ്ചം സത്യമാണെന്ന് എങ്ങനെ പറയാൻ സാധിക്കും സാധിക്കില്ല പ്രപഞ്ചത്തിനെ എങ്ങനെ കാണുന്നു പ്രപഞ്ചം എങ്ങനെ അറിയപ്പെടുന്നു ശരീരം കൊണ്ടാണ് പ്രപഞ്ചം അറിയപ്പെടുന്നത് ശരീരമില്ലെങ്കിൽ ആർക്കും ലോകത്തിനെ കാണാൻ സാധ്യമല്ല ശരീരത്തിൽ ഇരുന്നും കൊണ്ടാണോ ലോകത്തിനെ കാണുന്നത് ശരീരമില്ലാതെ ആരെങ്കിലുമൊക്കെ ലോകം കണ്ടുണ്ടോ നമ്മുടെ സന്ദർശനം പറയണമല്ലോ രാവിലെ അതിലൊരു ശ്ലോകമുണ്ട് പഞ്ചകോശാത്മകമസ്തി ദേഹം തദ്നം ചകാസ്തി ഈ പഞ്ചകോശാത്മകമായി ശരീരമില്ലാതെ ആരെങ്കിലും ഒക്കെ പ്രപഞ്ചത്തിനെ കണ്ടവരുണ്ടെങ്കിൽ പറയട്ടെതാണ് റിപ്പോർട്ട് ലോകം കാണണമെങ്കിൽ കാണുക കേൾക്കുക മണക്കുക രുചിക്കുക സ്പർശിക്കുക ഇതിനെയാണ് നമ്മള് ലോകം പ്രപഞ്ചം എന്ന് പറയണത് പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ടുള്ള അനുഭവം പ്രതീതിയാണ് നമ്മൾ പ്രപഞ്ചം എന്ന് പറയണത് ഇത് ശരീരത്തിലാണ് ഇരുന്നുകൊണ്ടേ സാധിക്കുള്ളൂ അപ്പൊ ഈ ശരീരം സത്യമാണോ നമുക്ക് തന്നെ അറിയാം ശരീരം നിരന്തരം പരിണമിച്ചുകൊണ്ടിരിക്കും ശരീരം മാറിക്കൊണ്ടേയിരിക്കും അത് ഉണ്മയെന്ന് പറയാനേ സാധ്യമല്ല ഏഴുവർഷം മുമ്പ് ഉണ്ടായിരുന്ന ശരീരമല്ല ഇപ്പോൾ ഉള്ളത് ഇനി ഒരു ഏഴുവർഷം കഴിഞ്ഞ് ഈ ശരീരം ഉണ്ടാവില്ലേ ഇതിലുള്ള ഓരോ കോശവും പോയിട്ടുണ്ടാവും ശരീരത്തിലുള്ള ഓരോ കോശവും മാറിക്കൊണ്ടേയിരിക്കുന്നു പരിണമിച്ചുകൊണ്ടേയിരിക്കുന്നു ബാല്യം കൌമാരം യൌവനം വാർദ്ധക്യം ഇതിന്റെ നടുവിൽ അനേകവിധ പരിണാമങ്ങൾ ദേഹത്തിൽ ഏർപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു അപ്പൊ ഈ ദേഹത്തിന് എങ്ങനെ സത്യമെന്ന് പറയും അപ്പൊ ദേഹം ഉണ്മയെന്ന് പറയാൻ സാധ്യമല്ല പരിണമിച്ചുകൊണ്ടേയിരിക്കുന്നു പരിണമിച്ചുകൊണ്ടേ ഇരിക്കുന്ന ശരീരത്തിനാശ്രയിച്ചാലോ നമ്മളും പരിണമിച്ചുകൊണ്ടേ ഇരിക്കുന്നതായിട്ട് തോന്നും ദുഃഖിക്കുകയും ചെയ്യും ദുഃഖിക്കുകയും ചെയ്യും എല്ലാവർക്കും പരിണമിക്കാതിരിക്കണം ഒരു വയസ്സ് വരെ യൗവനം വരെ പരിണമിക്കണമൊന്നും കുഴപ്പമില്ല അത് കഴിഞ്ഞ് പരിണമിക്കുമ്പോഴാണോ കുഴപ്പം അമ്പത് വയസ്സായാലും യൗവനത്തിൽ തന്നെ ഇരിക്കണം എന്ന ആഗ്രഹമൊക്കെ ഉണ്ടെന്ന് നടക്കണമില്ല എന്ത് ചെയ്യും പരിണമിക്കണോ വേണ്ടാന്ന് വെച്ചാൽ സാധ്യമല്ല വ്യാധി വരും പല്ലുകളൊക്കെ ഓരോന്നോരോന്നായിട്ട് കൊഴിഞ്ഞു വീഴും തലമുടി നിരക്കും കഷണ്ടിയാവും നടക്കാൻ വയ്യാതാവും വർത്തമാനം പറഞ്ഞാൽ മനസ്സിലാവാതാവും ആളുകൾക്ക് ആരെയും ശ്രദ്ധിക്കാതാവും അപ്പോ ഇങ്ങനെ പരിണാമങ്ങൾ വരാൻ പോകുന്നു അപ്പൊ ഇതിലെന്ത് സുഖമുണ്ട് എന്നാണ് അസത്യം എന്ന് പറയാൻ പ്രാതിഭാസികം വ്യവഹാരികം എന്നൊക്കെ പറഞ്ഞാൽ മിഥ്യ എന്ന് വേദാന്തികൾ പറഞ്ഞു നിരന്തരം മാറിക്കൊണ്ടേയിരിക്കുന്നു ബുദ്ധനോട് ഒരാൾ ചോദിച്ചു വത്തരം എന്തിനാണ് നിങ്ങൾ ഈ രാജപദവിയൊക്കെ വിട്ടിട്ട് പോയതാണ് ഇതിൽ സുഖമായിട്ട് ഇരുന്നൂടെ ുദ്ധൻ പറഞ്ഞു യതി ജന്മ ജരാമരണം ഭവേത് എതി ച ഇഷ്ടവിയോഗ ഭയം സർവം അനിത്യമിതം ഇഹ ജന്മനി കസ്യരതിർന്ന ഭവേത് ഇവിടെ എല്ലാം അനിത്യമല്ലായിരുന്നുവെങ്കിൽ എല്ലാം നിത്യമായിരുന്നുവെങ്കിൽ ഇവിടെ എല്ലാം ഒരേപോലെ സുഖിപ്പിക്കുന്നതായിരുന്നുവെങ്കിൽ ഇവിടെ രചിച്ചു രമിച്ചുകൊണ്ടിരിക്കാം പക്ഷെ അങ്ങനെയല്ലല്ലോ കാണണത് ജനിക്കണു മരിക്കണു വ്യാധി ഉണ്ടാവുന്നു വാർദ്ധക്യം ഉണ്ടാവുന്നു അനേക ദുഃഖങ്ങളുണ്ടാവണു അപ്പോ ശരീരവും നിരന്തരം പരിണമിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ശരീരവും സത്യമല്ല പ്രപഞ്ചം ശരീരത്തിനെ ആശ്രയിച്ചു കൊണ്ടിരിക്കുന്നു കാണണമെങ്കിൽ ദേഹം വേണം ദേഹം ആവട്ടെ നിരന്തരം പരിണമിച്ചുകൊണ്ടിരിക്കുന്നു ഇനിയിപ്പോ ദേഹത്തിന് പുറകിലോ മനസ്സുണ്ട് സൂക്ഷ്മ അതിന്റെ കാര്യം പറയുകയേ വേണ്ട നിരന്തര പരിണാമിയാണ് സദാസബലം മനസ്സിന് പുറകിലോ ഒരു കാരണ നമ്മൾ ഉറക്കത്തിൽ അനുഭവിക്കുന്ന ഇരുട്ട് ഉറക്കത്തിൽ അനുഭവിക്കുന്ന ആവരണം അവിടെ സുഖമായി ഉറങ്ങി നമ്മൾ പറയും ഒന്നും വിചാരമില്ല എങ്കിലും ഒരു ആ കാരണശരീരത്തിനും പരിണാമമുണ്ട് കൊച്ചുകുട്ടികള് ഇരുപത് മണിക്കൂർ ഉറങ്ങും വലുതാവും തോറും ഉറക്കം കുറഞ്ഞ് കുറഞ്ഞ് കുറഞ്ഞു വരും വയസ്സാവും തോറും വളരെ കുറച്ച് ഉറക്കമുണ്ടാവുള്ളൂ ഉറക്കം എന്ന് പറയുന്ന ആ ശരീരവും പരിണമിച്ചുകൊണ്ടിരിക്കും അപ്പൊ സ്ഥൂല ശരീരം സൂക്ഷ്മ കാരണ ശരീരം മൂന്നിനും ഹ്രാസമുണ്ട് സങ്കോചവും വികാസവും ഒക്കെ ഉണ്ട് മാറ്റലും ഒക്കെ ഉണ്ട് പരിണാമമുണ്ട് അപ്പൊ ഇതൊന്നും തന്നെ സത്യമല്ല എന്ന് തള്ളിക്കളയുമ്പോ അവസാനം തള്ളാനും കൊള്ളാനും കഴിയാതെ അനുസ്യൂതം ഒരു വസ്തു അനുവർത്തിച്ചുകൊണ്ടേയിരിക്കും ഇതൊക്കെ തള്ളിക്കളയുമ്പോൾ തള്ളാനും കൊള്ളാനും കഴിയാതെ നിൽക്കുന്ന ശുദ്ധമായ പ്രജ്ഞ അറിവ് ഒരു മാറ്റം കൂടാതെ നിൽക്കുന്ന ബോധം അത് അവശേഷിക്കും അത് ശരീരമല്ല അത് മനസ്സല്ല അത് ബുദ്ധിയല്ല അത് അഹങ്കാരമല്ല എല്ലാം തള്ളിക്കളഞ്ഞാൽ അവശേഷിക്കുന്ന അജ്ഞാനത്തിന്റെ മറയും അല്ല ഇങ്ങനെ എല്ലാം ആവിർഭവിക്കുന്ന ഒരിക്കലും തിരോഭവിക്കാത്തതായ ശുദ്ധമായ പ്രജ്ഞ നിത്യ സർവഗത അത് നിത്യമാണ് ഒരിക്കലും അതിന് മാറ്റമില്ല ഒരു കാലത്തും മാറ്റമല്ല ജാഗ്രത അവസ്ഥയിലും അതുകൊണ്ട് സ്വപ്നാവസ്ഥയിലുമുണ്ട് സുഷുപ്തിയിലുമുണ്ട് ഭൂതത്തിലുമുണ്ട് വർത്തമാനത്തിലുമുണ്ട് ഭാവിയിലുമുണ്ട് അത് തൃശുഭിഹി അവസ്ഥാബിഹി ന വ്യഭിചരത്തി തത് സത്യം ആചാര്യസ്വാമികളുടെ വാക്കാണ് മൂന്നവസ്ഥകൾ കൊണ്ടും ജാഗ്രത് സ്വപ്ന സുഷുപ്തി ആദ്യ അവസ്ഥകൾ കൊണ്ടും ഭൂതം വർത്തമാനം ഭാവി മുതലായ അവസ്ഥകൾ കൊണ്ടും ഒന്നും മാറാതെ സദാ ഏകരസസ്വരൂപമായി ഏതൊന്ന് വർദ്ധിക്കുന്നുവോ അത് സത്യം അത് തന്നെ പരമാത്മ അത് തന്നെ കൃഷ്ണസ്വരൂപം ഭഗവത് സ്വരൂപം അപ്പോ സത്യം എന്നുവച്ചാൽ ഒരിക്കലും മാറാത്തത് ഒരിക്കൽ മാറാത്തത് എന്ന് വച്ചാൽ മാറുന്നതിനൊക്കെ മാറ്റാം അപ്പൊ മാറാത്തതിനെ കണ്ടെത്താം മാറുന്നതിനൊക്കെ മാറ്റി മാറ്റി മാറ്റി നിർത്തുമ്പോ മാറാത്തതായ പ്രജ്ഞ അവശേഷിക്കും അതാണ് നാരായണ ഏകാദശ സ്കന്ധത്തിൽ നവയോഗികൾ ചോദിക്കും നവയോഗികളോട് നിമിചക്രവർത്തി ചോദിക്കുന്നു നാരായണ തത്വം എന്താണ് സൃഷ്ട്യുദ്ഭവ പ്രളയ ഹേതു അഹേതുരസ്യം സ്ഥിത്യുദ്ഭവ പ്രളയഹേതുരഹേതുരപ്നജാഗരസുഷുക്തിഷു സദ്ബിശേഹേന്ദ്രിയാസുഹൃദയാ ചരന്തിയ സഞ്ജീവിത തദവേ പരം നരേന്ദ്ര നമനോ വിശദിവാദ ചുരാത്മാണേന്ദ്രി ചലലമർഷ സ്വാ ശബ്ദോധകനിഷേധതയാത്മമൂലം അർോക്തമാ യഷേധസി സൃഷ്ടി സ്ഥിതി പ്രളയം മുതലായത്തിനൊക്കെ അധിഷ്ഠാനമായിട്ട് ജാഗ്രത സ്വപ്നം സുഷുപ്തി മുതലായ മൂന്നവസ്ഥകൾക്കും സാക്ഷിയായിട്ട് ഏതൊരു പ്രജ്ഞയുണ്ടോ ആ പ്രജ്ഞയെ പരം എന്നറിയൂ അതാണ് നാരായണൻ എന്നറിയുന്നു അതാണ് നാരായണ സ്വരൂപം എന്നറിഞ്ഞുകൊള്ളു സ്വപ്ന ജാഗ്രത സുഷുപ്തി സു സത് ജാഗ്രത അവസ്ഥയിൽ ശരീരവും ഉണ്ട് മനസ്സുമുണ്ട് ഞാനുണ്ട് സ്വപ്നാവസ്ഥയിൽ ശരീരം ഇല്ല മനസ്സ് പ്രവർത്തിക്കുന്നു ഞാനുണ്ട് സുഷുപ്തി അവസ്ഥയിൽ ശരീരവും ഇല്ല മനസ്സുമില്ല ഞാനുണ്ട് അപ്പൊ ശരീരവും മനസ്സുമൊക്കെ പ്രവർത്തിക്കുമ്പോഴും ശരീരവും മനസ്സും ഒന്നും ഇല്ലാത്തപ്പോഴും ഉള്ള പ്രജ്ഞയാണ് ഞാൻ അതാണ് എന്റെ യഥാർത്ഥ സ്വരൂപം അവിടെ ഈ ഞാൻ എന്നുള്ള വ്യക്തിബോധമൊന്നുമില്ല നോക്കണം സുഷുപ്തിയിൽ സ്വപ്നത്തിലും ജാഗ്രതത്തിലും ഒരു വ്യക്തിയില്ല ജാഗ്രതത്തിൽ ഈ പ്രഭാഷണം ചെയ്യുന്ന ആൾ സ്വപ്നത്തിൽ വരെ വലുതുമൊക്കെ ചെയ്യുന്ന ആളായിരിക്കും പക്ഷെ ഉണ്ട് അഹങ്കാരൂപത്തിലുള്ള വ്യക്തിത്വമുണ്ട് സുഷുപ്തിയിൽ ആ വ്യക്തിത്വവും ലയിച്ചുപോകും സന്നേ യത് ഇന്ദ്രിയഗണേ അഹമിച്ച പ്രസുപ്തേ കൂടസ്ഥ ആശയമൃതേ തതനുസ്മൃതിർണഹ അഹമിച്ച പ്രസുപ്തേ അഹങ്കാരവും ചെന്ന് ലയിച്ചു കഴിയുമ്പോഴും ഏതൊന്ന് അവശേഷിക്കുന്നു അത് നാരായണ തത്വം ഭഗവത് തത്വം അപ്പൊ ഭഗവാൻ സുഷുപ്തി അവസ്ഥയിലും ഏതൊന്ന് പ്രകാശിക്കുന്നുവോ അത് ഭഗവത് സ്വരൂപമാണ് അപ്പൊ ഭഗവാൻ പരമാത്മാ ഒരിക്കലും മാറാത്ത വസ്തുവായി സദാ ഏകസ്വരൂപമായി അവബോധൈകരസവരൂപമായി ഘനീഭൂതമായ പ്രജ്ഞയായി നമ്മളുടെ ഒക്കെ ഉള്ളില് മാറാത്ത വസ്തുവായി നിൽക്കുന്നു അതിനെ സത്യം എന്ന് വിളിച്ചു ഭാഗവതത്തിലെ ആരംഭത്തിലും ജന്മാദ്യസ്യ എന്നാ സത്യത്തിനെ പറഞ്ഞു ആദിയിൽ സർവവും ഏതൊന്നിൽ നിന്ന് പിറക്കുന്നുവോ അത് സത്യം അതാണ് ബ്രഹ്മം ബ്രഹ്മത്തിന്റെ സ്വരൂപം ഈശ്വരസ്വരൂപം ഭഗവത് സ്വരൂപം എന്ന് പറയണത് അതാണ് അത് അത്യന്തം നിശ്ചലമാണ് ശാന്തമാണ് ആനന്ദസ്വരൂപമാണ് പരിപൂർണ സ്വരൂപമാണ് ആ പൂർണ്ണവസ്തുവിനെ ഇവിടെ സത്യം എന്ന് വിളിച്ച് ആ സത്യം തന്നെ മധുരമായി രൂപമെടുത്തു വരുന്നു ശ്രീരാമകൃഷ്ണദേവൻ പറയുന്നു വെള്ളം തണുത്തുറഞ്ഞ് ഐസാവുന്ന പോലെ നിർഗുണനിരാകാരമായ ബ്രഹ്മം മനോഹരമായി ഒരു രൂപം ധരിക്കും രൂപം ധരിച്ചാലും അത് നിർഗുണമാണ് അതുകൊണ്ടാണ് ഭട്ടരി ഗുരുവായൂരപ്പനെ കണ്ടപ്പോഴും സാന്ദ്രാനന്ദവോധാത്മകം അനുപമം കാളദേശാവധിഭ്യം നിർമുക്തം നിത്യമുക്തം നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരുരുപുരുഷാർഥാത്മകം ബ്രഹ്മത്തത്വം തവത് ഭാവിസാക്ഷാത് ഗുരുപവനപുരേ ഹാഗ്യം ജനം നമ്മളുടെ ഒക്കെ ഭാഗ്യം എന്താ ഭാഗ്യത്തിന് ഹേതു എന്ന് വെച്ചാൽ സാന്ദ്ര ആനന്ദ അവബോധം അവബോധം എന്ന് വെച്ചാൽ പ്രജ്ഞ മഹാവാക്യം കൊണ്ടൊക്കെ അറിയപ്പെടുന്ന ബ്രഹ്മം ബ്രഹ്മം ബ്രഹ്മം എന്ന് നമുക്ക് മനസ്സിലാവാത്ത എന്തിനോ ഉപനിഷത്ത് പറയുന്നുവല്ലോ വേദാന്തികളൊക്കെ പറയുന്നുവല്ലോ ആ ബ്രഹ്മം തന്നെ സാന്ദ്രം എന്ന് വച്ചാൽ കട്ട പിടിച്ചു എന്നർത്ഥം ഘനീഭവിച്ചു അതായത് ഒരു രൂപത്തിൽ ആവിർഭവിച്ചു രൂപത്തിൽ ആവിർഭവിച്ചപ്പോ എന്താ സാന്ദ്ര ആനന്ദ അവബോധാത്മകം അതിനെ കാണുമ്പോ ഒരാനന്ദം ഒരു പ്രീതി ഒരു പ്രിയം ഉണ്ടാവും അതിനെ ഉപമിക്കാൻ എന്തെങ്കിലുമൊക്കെ പറയൂ എന്തിനോടെങ്കിലും ഒക്കെ ഉപമിക്കൂ ലോകത്തിലുള്ള വസ്തുവിനോടോ എന്ന് വെച്ചാൽ സാധ്യമല്ല അനുപമിതം ഇന്നതുപോലെ എന്ന് പറയാൻ പറ്റില്ല എങ്ങനെ ഉപമിക്കും അനന്വയമാണത് അതിനെ ഒന്നിനോട് ഉപമിച്ച് കാണിക്കാൻ സാധ്യമല്ല അനുപമിതം പിന്നെയോ എപ്പോഴുണ്ടായി എങ്ങനെ ഉണ്ടായി കാലദേശാവധി ഭ്യാം നിർമുക്തം നോക്കണം ഇതൊക്കെ സത്യം എന്ന ഒറ്റപഥത്തിന്റെ വ്യാഖ്യാനമാണ് കാലദേശാവധിഭ്യാം നിർമുക്തം അതിന് ടൈമും സ്പേസും ഒന്നുമില്ല മനസ്സുകൊണ്ട് പിടിക്കപ്പെടുന്ന വസ്തുക്കൾ ടൈമും സ്പേസിനും ഒക്കെ കുടുങ്ങിയതാണ് മനസ്സില്ലെങ്കിൽ കാലദേശങ്ങളൊക്കെ ഇവിടെ ഗുരുവായൂരപ്പന്റെ മുമ്പിൽ ചെന്ന് യഥാർത്ഥത്തിൽ ഗുരുവായൂരപ്പനെ കാണുകയാണെങ്കിൽ അവിടെ കാലവും ദേശവും യഥാർത്ഥത്തിൽ കാണുകയാണെങ്കിൽ ദേശകാലങ്ങളൊക്കെ പോയി യഥാർത്ഥത്തിൽ ഗുരുവായൂരപ്പനെ കാണുകയാണെങ്കിൽ നാമരൂപവും പോയി ഭഗവാൻ നാമരൂപത്തിലാണ് മുമ്പിൽ നിൽക്കുന്നതെങ്കിലും നമ്മളുടെ ഉള്ളില് നാമരൂപമൊന്നും ഉണ്ടാവില്ല ഉപനിഷത്തുകൾ ഏതൊരു ബ്രഹ്മതത്വത്തിന് പറയുന്നു ആ ബ്രഹ്മതത്വം തത്താവത്ബാധി അത് അപ്പടി തന്നെ ഹൃദയത്തിൽ പ്രകാശിക്കും നമ്മൾ പുറമേക്ക് ഭഗവാന്റെ രൂപത്തിനെ കാണുമ്പോൾ അകമയ്ക്ക് ബ്രഹ്മാനുഭവം ഏർപ്പെടും ഇതെങ്ങനെ മനസ്സിലാവും ജ്ഞാനികളെ കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും ജീവൻമുക്തന്മാരായി മഹാപുരുഷന്മാരെ കാണുമ്പോൾ അവര് രൂപത്തിൽ നമ്മളുടെ മുമ്പിൽ ഇരുന്നാൽ പോലും അവരെ കാണുമ്പോൾ നമ്മളുടെ ഉള്ളിൽ ഉണ്ടാവുന്ന അനുഭൂതി സമാധിയായിരിക്കും അല്ലാതെ അവരിന്ന രൂപത്തോടെ ഇരിക്കുന്നു അവരുടെ കണ്ണ് മൂക്ക് ഇങ്ങനെയൊന്നും പ്രത്യേകം തോന്നില്ല അവരെ കാണുമ്പോൾ നമുക്ക് ഏർപ്പെടുന്ന ആന്തരിക ബ്രഹ്മാനുഭവമായിരിക്കും പുറമേക്ക് രൂപത്തിൽ തന്നെയാണ് ഇരിക്കുന്നത് സാന്ദ്ര ആനന്ദ അവബോധ സ്വരൂപന്മാരായിട്ട് ഇരിക്കണം പക്ഷെ നമുക്ക് അകത്തേക്ക് കാണുമ്പോൾ ഏർപ്പെടുന്ന അനുഭൂതി ഉണ്ടല്ലോ അത് നിർവികൽപ്പമാണ് അവിടെ വികല്പമില്ല എന്താ അവർ സത്യസ്വരൂപന്മാരാണ് സത്യമേ സ്വരൂപം സത്യത്തിനെ അറിഞ്ഞവൻ സത്യമാണ് അല്ലാതെ സത്യത്തിനെ അറിഞ്ഞവനല്ല സത്യത്തിനെ അറിഞ്ഞവൻ സത്യമായിട്ട് തീരും സത്യമേ ഉരുവെടുത്തതാണ് ഭഗവാൻ എന്നുള്ളത് കൊണ്ട് അനുപമിതം നിർമുക്തം നിത്യമുക്തം നിഗമശതസഹസ്രേണു നിർഭാസ്യമാനം നൂറ്റിക്കണക്കിന് ഉപനിഷദ്വാക്യങ്ങൾ കൊണ്ട് ഏതൊന്നാണോ പറയാൻ ശ്രമിക്കണത് അത് അസ്പഷ്ടം സ്പഷ്ടമായിട്ടോട്ട് കാണാൻ വയ്യാം എന്നാൽ കണ്ടാലോ ദുഷ്ടമാത്രേ പുലരുത് പുരുഷാർത്ഥാത്മകം അതിനൊരു ഭക്തനെ അർത്ഥം പറഞ്ഞു നമ്മളെ കൊണ്ട് അദ്ദേഹത്തിനെ കാണാൻ പറ്റില്ല എന്നാണ് ഭഗവാനെ ഒരു കാലത്തും ആർക്കും കാണാൻ സാധ്യമല്ല കാരണം എന്താ കാണുന്ന ആളവിടെ ഉണ്ടാവണ്ടേ കണ്ണിന് കണ്ണും അലമാകുന്ന കണ്ണതിനു കണ്ണായിരുന്ന പൊരുൾ അതിനെങ്ങനെ കാണും കാണുന്ന അഹങ്കാരം പോയി പോകുമല്ലോ നമ്മളുടെ പഠനവും സാധനയും പ്രയത്നങ്ങളും ധ്യാനവും ഒക്കെ തന്നെ അഹങ്കാരതലം വരേ പോകുള്ളൂ അതിനപ്പുറം എങ്ങനെ പോകും നമ്മുടെ മഹർഷി അക്ഷരപഴമാലെ ഒരു പാട്ടില് പാടി കണ്ണുക്ക് കണ്ണ് ഉണ കണ്ണിൻ്റെ കാണുന കാണുവതി കണ്ണായി കണ്ണിൻ ഉണൈ കണ്ണിന് കണ്ണ് മനമാകുന്ന കണ്ണ് അതിനും കണ്ണായി അദ്ദേഹം എല്ലാത്തിനെയും കണ്ടുകൊണ്ടിരിക്കണം പക്ഷെ അങ്ങോട്ട് കാണാൻ അതിനും ഒരു കണ്ണില്ല അതിന് കണ്ണ് വെച്ചാൽ അതിനേക്കാളും പുറകോട്ട് പോണം ആ കണ്ണ് അതിനെക്കാളും പുറകോട്ട് നിൽക്കണം അപ്പൊ അതിനെ കാണാൻ സാധ്യമല്ല അതുകൊണ്ട് തന്നെ ദൃഷ്ടമാ എത്ര എന്ന് പറഞ്ഞാൽ ശരിയാവില്ല എന്നാല് നമ്മൾ കാണുന്നുവല്ലോ ഗുരുവായൂർ വരെ കാണുന്നുവല്ലോ എന്നുവെച്ചാൽ നമ്മൾ കാണുന്നൊന്നും കാര്യമില്ല എന്നാണ് എത്ര പേര് കാണുന്നു ഗുരുവായുപേരെ പോകും പോയി അവിടെ പോയിട്ട് കണ്ണടയ്ക്കും അല്ലേ പിന്നെ എന്തിനാ മെനക്കെട്ട് പോണത് ക്യൂവില് മൂന്ന് നാല് മണിക്കൂറിൽ നിന്ന് മെനക്കെട്ട് കുറെ ഇടിയും കുത്തും ഒക്കെ കൊണ്ടിട്ട് ശ്രീകോവിളിന്റെ മുമ്പിൽ പോയിട്ട് കണ്ണടയ്ക്കും കാരണം എന്താന്ന് വെച്ചാൽ നമ്മൾ കാണും ചിലപ്പോൾ കാണാനും പറ്റില്ല ദൂരം ഉദാഹരണം പക്ഷെ എന്താ ഭഗവാന്റെ ദൃഷ്ടി നമ്മുടെ മേലെ വീഴട്ടെ എന്നാണ് ഭഗവാൻ നമ്മളെ കാണണം അതാണ് മഹർഷി പാർ ഉനൈ കാണുവർ പാർ അരുണാചല ഞങ്ങൾക്ക് കാണാൻ പറ്റില്ല ഞങ്ങൾ കാണുന്ന ഒന്നും പ്രാമുഖ്യ പ്രമുഖ പ്രധാനമല്ല അങ്ങ് കാണുക അങ്ങയുടെ ദൃഷ്ടി ഞങ്ങളുടെ മേലെ വീഴട്ടെ ആ അമൃത ദൃഷ്ടി ഭഗവാന്റെ അമൃത ദൃഷ്ടി നമ്മളുടെ മേലെ വീഴട്ടെ നമ്മൾ കാണുന്നതൊന്നും പ്രധാനമല്ല ഭഗവാന്റെ അമൃത ദൃഷ്ടി നമ്മളുടെ മേല വീണാലോ തേന ദൃഷ്ടമാത്രേ പുനരുഷാർഥാത്മകം ഭഗവാന്റെ ദൃഷ്ടി നമ്മുടെ മേലെ വീണാൽ സിദ്ധിച്ചു പോവും തത്താവത്ഭാതി സാക്ഷാത് ഗുരുപവനപുരേ ഹന്ത ഭാഗ്യം ജനാനാം അപ്പോ സത്യം എന്നുവച്ചാൽ ഇതാണ് സത്യത്തിന്റെ ലക്ഷണം സത്യത്തിനെ ഒന്നും ചെയ്യാൻ സാധ്യമല്ല സത്യം സിദ്ധിച്ചിരിക്കണം നമുക്കൊക്കെ കിട്ടിയിരിക്കണം നമ്മളുടെയൊക്കെ ഉള്ളിൽ നമ്മളുടെ ഉള്ളിൽ ബോധമായിട്ട് നമുക്കൊക്കെ നമ്മൾ ജീവിക്കണമല്ലോ അത് സത്യത്തിന്റെ പ്രകാശമാണ് നമ്മൾ ജീവിക്കണു എന്നുള്ളത് തന്നെ സത്യത്തിൻ്റെ പ്രകാശമാണ് നമ്മളുടെ ഉള്ളിൽ വ്യക്തിബോധം തുടിച്ചുകൊണ്ടിരിക്കുന്നത് തന്നെ സത്യത്തിന്റെ പ്രകാശമാണ് നമ്മളുടെ ഉള്ളിൽ ഞാൻ ഞാൻ ഞാൻ ഞാൻ ഞാൻ എന്ന് നമ്മൾ ഓരോരിക്കും പറയുമ്പോഴും ഭഗവാന്റെ നാമമാണ് എല്ലാ നാമങ്ങളും അവസാനം ഈ അഹം സ്ഫൂർത്തിയിൽ ചെന്ന് ലയിക്കും അഹംനാവാഭവത്ത് എന്നാണ് ഉപനിഷത്ത് തന്നെ പറയുന്നത് അപ്പൊ എല്ലാം ഈ വ്യക്തിബോധത്തിൽ ചെന്ന് ലയിക്കും വ്യക്തിബോധം അഖണ്ഡ ബോധത്തിൽ ലയിക്കും അപ്പോ നമ്മളുടെ ഉള്ളിൽ സദാ സത്യസ്വരൂപനായ ഭഗവാൻ പ്രകാശിച്ചുകൊണ്ടേയിരിക്കുന്നു ഭഗവാന്റെ സ്വരൂപമേ സത്യം എന്നുള്ളതാണ് അപ്പൊ അങ്ങനെയുള്ള സത്യസ്വരൂപനായ ഭഗവാൻ സത്യവ്രതം ആ ഭഗവാൻ ഒരു വ്രതം എന്താ വ്രതം നമ്മളൊക്കെ വ്രതം ഏകാദശീ വ്രതമൊക്കെ സ്വീകരിക്കുന്ന പോലെ ഭഗവാൻ ഒരു വ്രതം ഭഗവാന്റെ വ്രതം എന്താന്ന് വെച്ചാൽ അനനിയശ്ചിന്തയന്തോ മാം യേജന പര്യുപാസത്തെ തെഷാ നിത്യാഭയുക്തം യോഗക്ഷേമം വഹമ്യഹം യേ യഥാ പ്രപത്യന് താൻ തഥമ്യഹം പരിത്രണയ സാധൂനം വിനാശാ ചുഷർ സംസ്ഥാന രക്ഷിഷ്യേഹം ഈ ഭഗവാന്റെ വ്രതമാണ് സർവവും വിട്ട് ഭഗവാന് ഏ ധാരാകാരപുത്രാപ്താൻ എല്ലാം ഉപേക്ഷിച്ച് മാം ശരണം ഗതാഹ എന്നെ തന്നെ ശരണം പ്രാപിച്ചിരിക്കുന്നു അവർക്ക് ഞാൻ കടമപ്പെട്ടവരാണ് ഇത് ഭഗവാന്റെ വ്രതമാണ് ഭക്തരക്ഷണം എന്നുള്ളത് ഭഗവാന്റെ വ്രതം എന്ന് വെച്ചാലോ ഭഗവാനെ നമ്മൾ സ്വീകരിച്ചാ മതി ഭഗവാനെ ഒരുപാട് സാമഗ്രികൾ കൊണ്ട് പൂജിച്ച് വിളിക്കുകയൊന്നും വേണ്ട ഭഗവാനായിക്കൊണ്ട് നമ്മൾ നമ്മളെ അർപ്പിച്ചാൽ നമ്മളെ രക്ഷിക്കേണ്ട ചുമതല മുഴുവൻ ഭഗവാന്റെയാണ് അത് ഭഗവാൻ ചെയ്തിട്ടുള്ള ഒരു വ്രതമാണ് ഞാൻ രക്ഷിക്കും അഭയം സർവഭൂതേഭ്യോ ദി ഏതത് വ്രതം മമ രാമാവതാരത്തിൽ വാൽമീകി രാമായണത്തിൽ വിഭീഷണ ശരണാഗതി വിഭീഷണൻ ആകാശത്തിൽ വന്ന് നിക്കണം വിഭീഷണന്റെ ശരണാഗതി ഒരു പ്രത്യേക ഒരു സന്ദർഭമാണ് എന്താന്ന് വെച്ചാൽ രാവണനെ ചീത്ത രാവണനെ ഉപദേശിച്ചു നോക്കി രാവണൻ കേട്ടില്ല അപ്പോ രാവണനെ ഉപേക്ഷിച്ച് മൂന്നു അസുരന്മാരെയും കൂട്ടിക്കൊണ്ട് രാമന്റെ അടുത്തേക്ക് വന്നിരിക്കുക നോക്കണം തിരിച്ചു പോയാൽ രാവണൻ കൊല്ലും രാമൻ സ്വീകരിച്ചിട്ടില്ലെങ്കിൽ അവിടെയും ഇല്ല എന്നുള്ള സ്ഥിതിയാണ് അപ്പോ സർവവും ഉപേക്ഷിച്ച് രാഘവം ശരണം എന്ന് വിഭീഷണൻ നിൽക്കണു ആകാശത്തിൽ അപ്പൊ ഭഗവാൻ ഒരു മീറ്റിംഗ് കൂടി ശ്രീരാമൻ ഓരോ വാനരന്മാരെ ആയി ചോദിച്ചു വിഭീഷണനെ സ്വീകരിക്കാവോ പാടില്ലയോ ചർച്ചാ വിഷയം ഓരോരുത്തരും അഭിപ്രായം പറഞ്ഞു അധികം പേരും പറഞ്ഞു പാടില്ല എന്താന്ന് വെച്ചാൽ അസുരനാണോ അത് തന്നെ മുഖ്യ കാരണം സുഗ്രീവനോട് ചോദിച്ചു ഭഗവാൻ സുഗ്രീവൻ പറഞ്ഞു സ്വീകരിക്കാനോ പാടില്ല എന്താ സുഗ്രീവ അങ്ങനെ പാടെ നിഷേധിച്ച് സ്വന്തം ജ്യേഷ്ഠനെ യുദ്ധസന്ദർഭത്തിൽ ഉപേക്ഷിച്ച് ശത്രുവിന്റെ പക്ഷത്തിൽ വന്ന് ചേരുന്നവനെ നമ്മളെങ്ങനെ വിശ്വസിക്കും അപ്പൊ ഭഗവാൻ ലക്ഷ്മണനെ നോക്കി ഒന്ന് ചിരിച്ചു അത്ര ഈഷ് ഉത്മയമാണ് ഇറ്റ് സ്പീക്സ് വോള്യൂംസ് അതികളൊന്നും പറഞ്ഞില്ല ആത്മീകിയുടെ എക്സ്പ്രഷൻ ആണ് ഭഗവാൻ ലക്ഷ്മണനെ നോക്കി ഒന്ന് ചിരിച്ചു ആ ചിരിയിലെല്ലാം അടങ്ങി വെച്ചാൽ സുഗ്രീവൻ ചെയ്തതും ഇത് തന്റെ ഏട്ടനെ ഒറ്റ കൊടുത്തിട്ട് കൊല്ലിപ്പിച്ചതാണ് പക്ഷെ തങ്ങ അവരവര് ചെയ്യുന്നത് ഏറ്റവും അവരവർ മറക്കും കാര്യം വരുമ്പോ അപ്പോ ആട്ടെ അപ്പോ ഭഗവാൻ പറയാണ് ചെന്ന് വിളിച്ചുകൊണ്ടുവരും ഞാനിതാ കൊടുക്കുകയാണ് അഭയം വിഭീഷണന് ഇനിയിപ്പോ വിഭീഷണന് പകരം രാവണനാണ് വന്നിരിക്കണതെങ്കിൽ സംശയിക്കണ്ട വിളിച്ചുകൊണ്ട് കാരണം എന്താ ആരെങ്കിലും ഒരാൾ ഭഗവാനെ ഞാൻ അങ്ങേടേതാണ് എന്റെ ജീവിതം എന്നെ ഇനി നയിക്കാൻ വയ്യ എന്റെ കയ്യില് പിടിച്ചിരിക്കുന്ന കടിഞ്ഞാണ് ഞാൻ ഇത് അങ്ങയുടെ കയ്യിൽ ഏൽപ്പിക്കണം ഇനി ഞാൻ ജീവിക്കണു എന്റെ ജീവിതം എന്റെ ചുമതലകള് എന്ന് വിചാരിച്ച് ഭാരം ചുമക്കാൻ ഞാൻ തയ്യാറല്ല സർവവും അങ്ങയെ അർപ്പിച്ചിരിക്കണു എന്ന് ഒരേ ഒരു പ്രാവശ്യം പറഞ്ഞാൽ മതിയത്രേ ശരിക്ക് സഹൃദേവ പ്രായ തവാസ്മീതി അഭയം സർവഭൂതേഭ്യോ ദേതം മമ ഭഗവാന്റെ വ്രതം ഒരേ ഒരു പ്രാവശ്യം ഭഗവാനെ ഞാൻ അങ്ങേടെ എന്റെ ഗുരുവായൂരപ്പ എന്ന് വിളിക്കുന്നതിന് പകരം ഗുരുവായൂരപ്പ ഞാൻ അങ്ങയുടെയാണ് ഗുരുവായൂരപ്പന് നമ്മളെടുത്ത ചുമതല നമ്മളുടെ അടുത്ത് തീരും ഗുരുവായൂരപ്പന് ഗുരുവായൂരപ്പന്റെ പ്രശ്നമൊന്നുമില്ല നമ്മൾ എങ്ങനെ വിളിക്കണോ അതുപോലെ ഗുരുവായൂരപ്പൻ വരും എന്റെ ഗുരുവായൂരപ്പ എന്ന് വിചാരിച്ച ഗുരുവായൂരപ്പൻ കൊച്ചുകുട്ടിയായിട്ട് വന്ന് നിൽക്കും ആഞ്ജലിയിൽ നമ്മൾ പല ഫോട്ടോകളും കാണും രാമനെയും ലക്ഷ്മണനെയും തോള് വഹിച്ചോണ്ട് നിൽക്കണ അത് സുഗ്രീവിന്റെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടുപോണ സന്ദർഭത്തിലാണ് അപ്പൊ ശ്രീരാമൻ ചോദിച്ചു ഞങ്ങൾ എങ്ങനെ സുഗ്രീവിന്റെ അടുത്തേക്ക് വരും ആഞ്ജനേയ സ്വാമി പറഞ്ഞു എന്റെ പുറത്ത് കയറിക്കൂടാ എന്താ ഒക്കല് കയറ്റിക്കൂടെ എന്ന് വെച്ചാൽ ഒക്കല്ല് എടുത്താല് നമ്മൾ ആരെ എടുക്കണോ അവരെ നോക്കേണ്ട ചുമതല നമ്മളുടേതായിട്ട് തീരും കൊച്ചുകുട്ടികളെയാണ് സാധാരണ ഒക്കലത്തെ ഒക്കല്ല് എടുക്കുക അപ്പൊ അവരെ നോക്കേണ്ട ചുമതല നമ്മളുടേതായിട്ട് തീരും നേരെ മറച്ച് പുറകെ വഹിച്ചാല് കുതിരയൊക്കെ ഓടിക്കണ പോലെ ഓടിക്കണ ആള് അദ്ദേഹവും നമ്മൾ ഓടുന്ന ആളുമാണ് അപ്പൊ നമുക്ക് പ്രശ്നമേ ഇല്ല നമ്മൾ ഓടിക്കാൻ പുറപ്പെട്ട കുഴപ്പമാണ് നമ്മൾ ഓടുന്ന ആളും അദ്ദേഹം ഓടിക്കുന്ന ആളും നമ്മൾ യന്ത്രവും അദ്ദേഹം യന്ത്രയും നമ്മൾ ദാസൻ അദ്ദേഹം യജമാനനാണെങ്കിൽ സ്വതന്ത്രമാണ് സുജീവം നിത്യശസ്ത പറി ഉപജീവതി ഭരതൻ പറയാണ് രാമണനോ വൈസ് ചാൻസലറോ അല്ലെങ്കിൽ വൈസ് ചെയർമാനോ ഒന്നും ആവരുത് പ്യൂണായിട്ടിരുന്ന സുഖം ഒരു റെസ്പോൺസിബിലിറ്റി ഇല്ല തലപ്പിലിരുന്ന തലവേദനയാണ് അത് അടങ്ങിക്കൊടുത്തിട്ടിരുന്നാൽ ർവൂതേഭ്യോദാമി ഭഗവാൻ പറഞ്ഞ ഞാൻ അവർക്ക് അഭയം കൊടുക്കുന്നു ഒരേ ഒരു പ്രാവശ്യം അടങ്ങിക്കൊടുത്താൽ ശരണാഗതി ചെയ്താൽ അവർക്ക് ഇനി ഭയപ്പെടേണ്ട കാര്യമില്ല അവരുടെ ചുമതല ഞാൻ എടുത്തു അവരുടെ പവർ ഓഫ് അറ്റോണിങ്ങനെ തരട്ടെ അവരുടെ ചുമതല ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു ഇത് എന്റെ വ്രതമാണ് അങ്ങനെ ശരണാഗതി ചെയ്ത ഭക്തന്മാരെ രക്ഷിക്കുക എന്നുള്ളത് എന്റെ വ്രതമാണ് രക്ഷിക്കാന്ന് വെച്ചാൽ എങ്ങനെ രക്ഷിക്കും വെറുതെ രക്ഷിക്കലല്ല മഹാബലിയോട് ഭഗവാൻ പറഞ്ഞു രക്ഷിഷ്യേ സർവത്തോഹം ത്വാം സപരിച്ഛദം സദാ സന്നിഹിതം വീര തത്ര മാം ദ്രക്ഷ്യത്തെ ഭവാൻ തന്റെ കൂടെ തന്നെ ഇരുന്ന് രക്ഷിക്കും ഞാൻ രക്ഷിക്കുന്നത് താൻ കാണുകയും ചെയ്യും അല്ലാതെ വെറുതെ രക്ഷിക്കും വൈകുണ്ടത്തിൽ ഇരുന്ന് രക്ഷിക്കും എന്നല്ല കൂടെ ഇരുന്ന് രക്ഷിക്കുന്ന സാന്നിധ്യം താൻ കാണുകയും ചെയ്യും അപ്പോ അത് ഭഗവാന്റെ വ്രതമാണ് ഈ വ്രതം പരിപാലിക്കാനായിക്കൊണ്ടാണ് ഭഗവാൻ അവതരിക്കുന്നത് സത്യവ്രതം പാണ്ഡവരെ രക്ഷിക്കണം അനേകം ഭക്തന്മാരെ കംസന്റെ പിടിയിൽ നിന്നും ജലാസന്ദന്റെ പിടിയിൽ നിന്നും രക്ഷിക്കണം വസുദേവരെയും ദേവകിയും രക്ഷിക്കണം വ്രതത്തിലുള്ള പശുക്കളെയും ഗോപന്മാരെയും രക്ഷിക്കണം ഇതിനൊക്കെ വ്രതം എടുത്തിരിക്കുകയാണ് സത്യവ്രതം സത്യപരം സത്യമേ പരമായിട്ട് ജീവിക്കുന്നവർക്ക് ലക്ഷ്യസ്ഥാനമായിട്ടുള്ളവരാണ് ഭഗവാൻ സത്യവ്രതം സത്യപരം ത്രിസത്യം വ്യാവഹാരിക സത്യം പ്രാതിഭാസിക സത്യം പാരമാർത്ഥിക സത്യം എന്ന് പറഞ്ഞല്ലോ അതായത് മൂന്നും ഭഗവാൻ തന്നെ ഭക്തന്മാര് പലരും പാടിയിട്ടുണ്ട് വളരെ പ്രസിദ്ധമായ ഒരു അബംഗത്തില് തുക്കാറാം പാടുന്നു ജാഗ്രതീ രാമ സ്വപ്നീ രാമ ജാഗ്രതയും എനിക്ക് രാമനാണ് സ്വപ്നത്തിലും രാമനാണ് വ്യാഗ്രത്തിലും സ്വപ്നത്തിലുമൊക്കെ ഞാൻ പാണ്ഡുരംഗനെ ധ്യാനം ചെയ്യുന്നു സുഷുപ്തി അവസ്ഥയിലും എനിക്ക് പാണ്ഡുരംഗനെ ഉള്ളൂ മൂന്ന് കാലത്തും അപ്പോ ത്രികാലാബാധിതമാണ് സത്യം അപ്പോ സത്യവ്രതം സത്യപരം ത്രിസത്യം സത്യസ്യോനിം സത്യത്തിന്റെ സോഴ്സ് എന്താ സത്യത്തിനും ഒരു യോനിയും ഉണ്ടാവും എന്നുവെച്ചാൽ യോനി എന്നുള്ളത് ഇവിടെ അധിഷ്ഠാനം എന്ന അർത്ഥത്തിലാണ് ജഗത്ത് ഇപ്പൊ സത്യമായിട്ട് തോന്നുന്നു കാരണം എന്താ സത്യത്തിൽ ഇരുന്നു കൊണ്ടാണ് നമ്മൾ ലോകത്തിനെ കാണുന്നത് അതുകൊണ്ടാണ് കാണപ്പെടുന്നതൊക്കെ സത്യമായിട്ട് തോന്നുന്നത് അഹം അഹം അഹം എന്ന് നമ്മളുടെ ഉള്ളിൽ അനുഭവപ്പെടുന്നത് എന്തോ അത് സത്യത്തിന്റെ പുറമേക്കുള്ള സ്ഫൂർത്തിയാണ് അതിലൂടെയാണ് നമ്മൾ പ്രപഞ്ചത്തിനെ കാണുന്നത് അതുകൊണ്ടാണ് പ്രപഞ്ചം ഉണ്മയായിട്ട് തോന്നുന്നു വിവേകാനന്ദ സ്വാമികളോട് ഒരു ചെറുപ്പകാരൻ ചോദിച്ചു ഹവ് യു സീൻ ഗാഡ് അതിന് സ്വാമിജി പറഞ്ഞു I have seen nothing but God. If I have to see you, I have to see you through God. If I have to see a chair, I have to see that chair through God. If you are my own, these are my my own. For a long walk, these are my own. The truth is question. The Son of Jesus, the Son, the Son, the Son. The Son is możemy to Chef his own guest. അപ്പോൾ ഇവിടെ തന്നെ ഈശ്വരൻ അധിഷ്ഠാനം യോനിയാണ് സത്യസ്യോനി എവിടെ ഒളിഞ്ഞുകിടക്കുന്നു സത്യത്തിൽ ഒളിഞ്ഞുകിടക്കുന്നു സത്യം പറയുന്നവരിൽ ഒളിഞ്ഞുകിടക്കുന്നു സത്യനിഷ്ഠന്മാരായിട്ടുള്ളവരിൽ ഒളിഞ്ഞുകിടക്കുന്നു സത്യസ്വരൂപനായ ഭഗവാനെ നിരന്തരം ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നവരിൽ ഭഗവാൻ ഒളിഞ്ഞുകിടക്കുന്നു നിഹിതം ച സത്യം സത്യസ് സത്യമായിട്ട് തോന്നപ്പെടുന്ന പ്രപഞ്ചം മുതലായ സകല വസ്തുക്കളുടെ ഉള്ളിൽ യഥാർത്ഥ സത്യമായി ഒളിഞ്ഞുകിടക്കുന്നവൻ നമ്മളുടെയൊക്കെ ഉള്ളിൽ യഥാർത്ഥ സത്യമായി ഒളിഞ്ഞുകിടക്കുന്നവൻ സത്യസ്യ സത്യം ഭഗവാന് രണ്ട് കണ്ണുകളാണ് ഋതസത്യനേത്രം ഋതം എന്നുവച്ചാൽ പ്രപഞ്ചത്തിനെ മുഴുവൻ നടത്തുന്ന ഒരു നിയമം താളം ഇംഗ്ലീഷിലിരിക്കുന്ന ഋതവും ഈ ഋതത്തിൽ നിന്നാണ് വന്നിരിക്കുന്നത് ഋതം എന്നുള്ളതെന്നാണ് ഇംഗ്ലീഷിൽ ഋതം വന്നത് പ്രപഞ്ചത്തിന് മുഴുവൻ ഒരിക്കലും മാറാതെ നിൽക്കുന്ന അധിഷ്ഠാനത്തിനെ സത്യം എന്ന് പറഞ്ഞു ഇതിന് രണ്ടും മാറ്റി മാറ്റി അർത്ഥം പറഞ്ഞ് കാണുന്നുണ്ട് ഏതായാലും ഋതം സത്യം ഇത് ഭഗവാന്റെ രണ്ട് കണ്കുകളാണ് ഋതകം സത്യം പരം പുരുഷം കൃഷ്ണ ഋതസത്യനേത്രം സത്യാത്മകം ത്വാം സത്യമേ അന്തരാത്മാവായിട്ടുള്ള ഭഗവാനെ അങ്ങേക്ക് ഞങ്ങൾ ശരണം പ്രാപിക്കുന്നു സത്യാത്മകം ത്വാം ശരണം പ്രപന്നാഹ ഈ ജഗത്തിന് മുഴുവൻ ആശ്രയസ്ഥാനമായ പ്രഭു ഇവിടെ അവതരിക്കുകയാണ് സംസാരത്തിന് ഒരു വൃക്ഷമായിട്ട് ഭഗവത്ഗീതയിൽ ചിത്രീകരിച്ചിട്ടുണ്ട് ആ വൃക്ഷത്തില് ഊർധ്വമൂലം അധഃശാകം അശ്വത്ഥം പ്രാഹുരവ്യയും അതുപോലെ ഇവിടെ ഒരു വൃക്ഷവും പറയുന്നു ഏകായനോസവും ദ്വിപല ത്രിമൂല ചതുരസ പഞ്ചവിധ ഷഡാത്മ സപ്തത്വകഷ്ടവിടമോ നവാക്ഷോ ദശദതി ദ്വിഖോഹി ആദിവൃക്ഷ ഈ ആദി സംസാരമാവുന്ന ആദി അഥവാ ബ്രഹ്മമാവുന്ന ആദിവൃക്ഷം എങ്ങനെ പറഞ്ഞാലും വേണ്ടില്ലേ അതിൽ രണ്ടു പക്ഷികളുണ്ട് ഒന്ന് ജീവനും ഒന്ന് ആത്മാവും ഒന്ന് അഹങ്കാരവും ജീവാത്മാവും പരമാത്മാവും ഈ വൃക്ഷത്തിലെ ഒരു പക്ഷി സുഖം ദുഃഖം എന്നുള്ള പഴത്തിനെ മാറി മാറി കടിച്ചുകൊണ്ടിരിക്കും ദ്വിഫലഹ സുഖമാകുന്ന പഴത്തിനെ കഴിക്കുമ്പോൾ വീണ്ടും വീണ്ടും പഴം തിന്നാനുള്ള ആഗ്രഹം കൊണ്ട് പരമാത്മാവാകുന്ന പക്ഷിയെ വിട്ട് ജീവാത്മാവാകുന്ന പക്ഷി അകർന്നുകൊണ്ടേയിരിക്കും വളരെ കാവ്യാത്മകമായി ഉപനിഷത്ത് ചിത്രീകരിക്കുന്നു ഈ വൃക്ഷത്തിൽ ആദ്യം ഒരു രണ്ടു പക്ഷികൾ രണ്ടും സ്വർണവർണത്തിൽ പ്രകാശിക്കണം അത് ഒരു പക്ഷി മറ്റേ പക്ഷിയെ വിട്ട് നീങ്ങി നീങ്ങി നീങ്ങിപ്പോയി നീങ്ങും തോറും കറുത്തു എന്തിനാ പഴം തിന്നാനായിട്ട് പഴം തിന്നും തോറും അതിന്റെ വർണ്ണം കറുത്ത് കറുത്ത് വന്നു പക്ഷിയിൽ നിന്ന് അകന്നകന്നു പോയി ഈ പഴം തിന്നുന്ന കഥയാണ് ബൈബിളിലും മറ്റുമൊക്കെ ആദാമിന്റെയും അവയുടെയും കഥയൊക്കെ ആക്കി മാറ്റിയത് അവിടെയും ഈ പഴം തിന്നാനുള്ള മോഹമാണ് ഈ ഉപനിഷ ഉപനിഷതമായ ഈ ഒരു ഉപാഖ്യാനത്തിനെയാണ് അങ്ങനെയാക്കി മാറ്റിയത് അതിൽ ഒരു പക്ഷി നിശ്ചിന്തനായി നിശ്ചലനായി നിർവികാരനായി നിൽക്കുന്നു മറ്റേ പക്ഷിയോ പഴം ഭക്ഷിച്ചുകൊണ്ടിരിക്കുന്നു അങ്ങനെ നീങ്ങി നീങ്ങി നീങ്ങി പോകുന്നു ഇടയ്ക്കിടയ്ക്കൊന്ന് മേപ്പെട്ട് നോക്കും എപ്പോഴാണ് നോക്കണമെന്ന് വെച്ചാൽ പുളിക്കുന്ന പഴം കടിച്ചാൽ മേലെ നോക്കും മതിരിക്കുന്ന പഴം കടിച്ചാൽ പിന്നെ നോക്കില്ല പുളിക്കുന്ന പഴം കടിക്കുമ്പോൾ മേപ്പെട്ട് നോക്കും മേലെ നോക്കുമ്പോഴോ ദുഷ്ടം യഥാ പശ്യതി അന്യമ